അങ്ങനെയുള്ള ഒരുളി കഠോ വംശത് ദീദി അധ്യായത്തിലെ प्रथമ വല്ലിയാണ് ഒന്ന് വായിക്കാം പരാം ജീഖാനീ വ്യത്രനാത് സ്വയംഭു तस्मा परं वश्यधि नन्द आत्मन कस्തി ധീര പ്രത്യത്മാനമൈക്ഷത് ആവൃത്തക്ഷുരമൃതമ കാ തേ മൃത്യോര്യന്തി വിധത്ത പാശം അധ ധീരാ അമൃത ം വി ധ്രുവിഷന്തിന്ധം ശബ്ദ സ്പർശ മൈഥുന എനാതി പരിശിഷ്യത്തെ ഏതത് മയി തത് സ്വപ്രന്തം ജാഗരിതോഭോ ഏനുപ്യ മഹാന് വിഭുമാത്മാനം മീരോ മധുദം വേദ ആത്മാനം ജീവമന്തികാര ൂതഭവ്യജുഗുസത്തെ പൂർവം തപസോ ജാത പൂർവം അജായത ഗുഹം പ്രവിശ്യ തിഷന്ദം ർവ ഗുഹാ പ്രവിശ്യ തിഷന്തിമൈ തത് അരണ്ോർനി ജാതവേദുഭൃദോർ ദിവ്യോ ജാഗ്രവീമൃമനുഷ്യേതയ് തത് യോതി സൂര്യോ േ അർപ്പേതി മൃത്യസമൃതിമാപ്പോതി मनसे नेह പശ്യത്തി മനസ് വേദമാേഹ് മൃത്യസമൃം ഗതിഷ്ടഭ്യാത്മനി തിഷത്തി ൂതഭവ്യ തോ വിജുഗുസത്തെ തൈ തോതിർബാധൂമക ഈശാനോ ഭൂതഭവ്യസ്ഥ ൈ തത് യോദഗം ദുർഗെ വൃഷ്ടം പേം ധർമാൻ പൃഥക് പശ്യൻ യഥോദം ശുദ്ധി ശുദ്ധം നസിക്തം താദൃഗേവതി ഗൗതമ രണ്ടാം അദ്ധ്യായത്തില് ഇവിടെ തുടങ്ങുന്നത് തന്നെ രണ്ടു കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഒന്ന് ജീവന്റെ ബന്ധനാവസ്ഥ ചോദ്യം ഉണ്ട് അത് എങ്ങനെയാണ് ഈ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് ബന്ധനസ്ഥനായി അങ്ങനെ ബന്ധനസ്ഥനായ പരമാത്മാവിന് പരിശ്രമിച്ചു വീണ്ടും മോക്ഷം നേടിയാനും വീണ്ടും വന്നുകൂടി ബന്ധനം ഒരുക്കി വന്നത് വീണ്ടും സംഭവിക്കാമല്ലോ ഇത്തരം സംശയങ്ങൾ എങ്ങനെ ജീവ അവസ്ഥ വന്നു ഒരു സമാധാനമാണ് പലതരത്തിലുള്ള സമാധാനങ്ങൾ പറയും പരമാത്മാവിനെങ്ങനെ ജീവഭാവം വന്നു അതിനൊന്നാണ് ഇവിടെ പറയുന്നത് പരമാത്മാവ് സ്വയം പ്രകാശിക്കുന്നവനാണ് നിജബോധത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവിടെ അജ്ഞാനമില്ല വിക്ഷേപങ്ങളില്ല അത് സച്ചിദാനന്ദ സ്വരൂപമാണ് അത് എന്നും അങ്ങനെയാണ് ദേശകാലിത്തങ്ങൾക്കെന്ന അതീതമായി സദാ അതങ്ങനെ സ്ഥിതി ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിലും ഇവിടെ സൃഷ്ടിയുണ്ട് സ്ഥിതിയുണ്ട് പ്രളയമുണ്ട് സൃഷ്ടി സ്ഥിതി പ്രളയങ്ങൾ അനാദിയായി അനന്തമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു സൃഷ്ടി എടുത്തുകഴിഞ്ഞാൽ ആ സൃഷ്ടിയിൽ ദാതാവ് ജഗതീശ്വരൻ എന്താണ് ചെയ്യുന്നത് ഈ പരമാത്മാവിന് തന്നെ ഇന്ദ്രിയം മനസ്സ് തുടങ്ങിയ ഉപകരണങ്ങളെ സൃഷ്ടിച്ച് അവയെ ഹിർമുഖങ്ങളാക്കി വിടുന്നു ഏതുപോലെ ഒരു വ്യക്തിയെ മറ്റൊരു വേഷം കെട്ടി രാജാവിന്റെയോ പോലീസിന്റെയോ കള്ളന്റെയോ വേഷം കെട്ടി അഭിനയിക്കുന്നതിന് വേണ്ടി രംഗത്ത് ഇറക്കുന്ന പോലെ ഒന്നും പരമാർത്ഥമല്ല വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥമാണ് സ്വയം അറിയാം ഇത് വേഷങ്ങൾ മാത്രമാണ് പക്ഷെ വേഷങ്ങൾ കെട്ടുന്നത് അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്മയത്വത്തോടു കൂടി അഭിനയിക്കേണ്ടി വരുന്നത് അപ്പോൾ പരമാത്മാവിന് ഒരിക്കലും വിവേകം നഷ്ടപ്പെടുന്നില്ല സ്വപ്രകാശമാണെന്ന് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുന്നില്ല പക്ഷെ ഇവിടെ മറ്റു പല വേഷങ്ങളും കെട്ടി അത് ൂപഭാവങ്ങളിൽ അഭിനയിക്കുന്നു വേഷം കിട്ടി പുതിയ അഭിനയ രംഗത്തേക്ക് വരുന്നതുകൊണ്ട് പരാമുക്കശ്ശേരി വേഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവേഷവുമായിട്ട് താതാമ്യം പ്രാപിക്കുന്നു അങ്ങനെയാണ് നല്ല അഭിനയിക്കുന്നവരല്ല അവേഷത്തോട് അവർ പൂർണ്ണമായി താതാന്മ്യം പ്രാപിക്കുന്നു താൻ ആരാണെന്നുള്ളത് ഓർത്തുകൊണ്ടല്ല അഭിനയിക്കുന്നത് അന്തരാത്മൻ അന്തരാത്മാവിനെ ഓർക്കുന്നില്ല അപ്പൊ ആ പാത്രത്തിനനുസരിച്ച് ആ പാത്രത്തിന്റെ ഭാവങ്ങൾക്കനുസരിച്ച് സുഖ ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നു ഇതാണ് വേഷം കെട്ടുന്നതാണ് സൃഷ്ടി ആ പരമാത്മാവ് എന്നിട്ടതിന്റെ ആ നടനം അതാണ് സംസാരം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു വിശദീകരണമാണ് ഇവിടെ ശ്രുതി കൊടുക്കുന്നത് വേഷം കെട്ടി അഭിനയിക്കുന്നത് ആ വ്യക്തിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല വേഷം കെട്ടി അഭിനയിക്കുമ്പോൾ അവിടെ ജനിക്കുന്നതായി അഭിനയിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നതായി അഭിനയിക്കുന്നു പക്ഷെ നടനൊന്നും തന്നെ സംഭവിക്കുന്നില്ല അതായത് അറിയാം പക്ഷെ അഭിനയിക്കുന്ന സമയത്ത് അയാൾ താൻ ആരാണെന്നോ തന്റെ വാസ്തവ സ്വരൂപം എന്താണെന്നോ ചിന്തിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കാൻ ഒക്കത്തില്ല അപ്പൊ അഭിനയിക്കുമ്പോൾ അഭിനയം പൂർണ്ണമാകണമെങ്കിൽ അവിടെ തന്റെ വാസ്തവ സ്വരൂപത്തെ മറക്കണം എന്നിട്ട് തന്റെ വേഷത്തിൽ പൂർണമായും തദാന്പ്പെടണം പരമാത്മ സ്വരൂപത്തെ പൂർണമായും വിസ്മരിച്ച് തന്റെ ജീവഭാവത്തിൽ പൂർണമായും താതാമ്യപ്പെട്ട് ആ ജീവൻ അഭിനയിക്കുകയാണ് അതിനെന്താ നിമിത്തം നിമിത്തം ഒരാളെ വേഷം കെട്ടിച്ച് അഭിനയിക്കാൻ പെടുന്ന ഒരാൾ അതിന്റെ പിന്നിലുണ്ടായിരിക്കും ഇവിടെ പറയുന്നെന്താണ് സ്വയംഭൂ പരമാത്മാവ് ഇത് ചെയ്തിരിക്കുകയാണ് വേഷം കെട്ടിച്ച് അഭിനയിപ്പിക്കുകയാണ് ലോകാനുഭവം ഉണ്ടാകുന്നു ജീവിതം എന്ന് നമ്മൾ വിളിക്കുന്ന ഒന്ന് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നന്ദരാത്മാൻ തന്റെ സ്വരൂപത്തെ അറിയുന്നില്ല ആരാണ് വേഷം കിട്ടിയിരിക്കുന്നത് അതറിയുന്നില്ല എന്നാണ് പക്ഷെ അവസാനം വേണം അതുകൊണ്ട് പറയുന്നു ഏതെങ്കിലും ഒരുവൻ സർവപ്രാണികളും ഈ അഭിനയശാലയിൽ അഭിനയം തുടരുമ്പോൾ ഏതെങ്കിലും ഒരു നമ്മൾ അപൂർവമാണ് അവൻ ഈ അഭിനയം മതിയാക്കണമെന്ന് തോന്നുന്നു പ്രത്യേക ആത്മാന മൈച്ഛ താൻ ആരാണെന്ന് അറിയാൻ ആഗ്രഹിക്കും അതെപ്പോഴാണ് ഈ അഭിനയത്തിലുള്ള രുചി നഷ്ടപ്പെടും ആവൃത്ത ചക്ഷുഭവ് താല്പര്യമില്ലാതെ വരുന്നു അഭിനയം അവന് ആനന്ദത്തെ കൊടുക്കുന്നു ആ ആനന്ദത്തിൽ താല്പര്യമില്ലാതെ വരുമ്പോ അമൃതത്വം ഇച്ഛൻ നിത്യമായ ആനന്ദത്തെ ആഗ്രഹിക്കുമ്പോൾ ഒരുവൻ പിന്തിരിയുന്നു ആവൃത്ത രക്ഷുവായിത്തീരുന്നു സർവകർണങ്ങളെയും ഉപസംഹരിച്ച് തന്റെ സ്വരൂപത്തെ ധ്യാനിക്കുന്നു അവനാണ് മുക്തനായിത്തീരുന്നതെന്നാണ് അടുത്ത് പറയുന്നത് അതിന് അവനെ പ്രാപ്തനാക്കുന്നതും ഈശ്വരൻ തന്നെ അവനെ ഈ വേഷത്തിൽ സൃഷ്ടിച്ചു വിടുന്നതും ഒരാള് തന്നെ രണ്ടു കൊന്നു ഒരു ഈശ്വരൻ തന്നെ ഇതിന് രണ്ടിന് നിമിത്തമായിരിക്കുന്നത് തന്റെ മായാശക്തി ഉപേക്ഷിച്ച് ആ മായാശക്തി ഉപേക്ഷിച്ച് ജീവനെ ഈശ്വരപ്രാപ്തിക്ക് സഹായിക്കുന്നതും തന്റെ മായാശക്തി ഉപയോഗിച്ച് ജീവനെ ബന്ധനസ്ഥാക്കുന്നതും രണ്ടും ഈശ്വരൻ തന്നെ അതാണ് ഇവിടുത്തെ ആദ്യത്തെ മന്ത്രത്തിൽ പറയുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് മനസ്സ് ഏകമാണ് ഒരേ സൂക്ഷ്മ ഭൂതങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ശരീരമുള്ളതുകൊണ്ടാണ് പലതായി അനുഭവപ്പെടുന്നത് എന്ന് ഇന്നലെ സൂചിപ്പിച്ചു വന്നു മരണത്തോടുകൂടി സ്ഥൂല ശരീരം നശിക്കുമ്പോഴും ഓരോ ജീവന്റെയും അനുഭവം വേറെ വേറെ തന്നെയാണല്ലോ സ്വപ്നം കാണുമ്പോഴും അനുഭവം വ്യത്യാസപ്പെടുന്നുണ്ടല്ലോ മനസ്സൊന്നാണ് എങ്ങനെയാണ് പറയുന്നത് അതായത് മനസ്സ് ഞാൻ പറഞ്ഞ ഭാഗം വളരെ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞോളം ചർച്ച ചെയ്ത് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് വ്യവഹാരം ജീവന്റെ വ്യവഹാരം മനസ്സ് ചിന്ത വാക് പ്രവൃത്തി പ്രവൃത്തി ഈ പ്രവൃത്തികൾ അതായത് വ്യവഹാരം ഈ വ്യവഹാരത്തിന് വേർതിരിക്കുന്നത് അതിന് അവച്ഛേദകമായിരിക്കുന്നത് ഈ സ്ഥൂല ശരീരമാണ് ഈ വ്യവഹാരത്തെ വേർതിരിച്ച് നടത്തുന്നത് ജാഗ്രത്തിലെ വ്യവഹാരങ്ങളാണ് നമ്മൾ മുഖ്യമായും ചർച്ച ചെയ്ത് ഇപ്പം ജാഗ്രത്തിലെ ഈ വ്യവഹാരങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നതിന് ഈ ശരീരമാണ് വേറിട്ട് സംഭവിക്കുന്നതിന് ഓരോ ജീവന്മാരിലും വേറിട്ട് സംഭവിക്കുന്നതിന് ഈ ശരീരമാണ് വ്യവച്ഛേദമായിരിക്കുന്നത് എന്ന കാര്യമാണ് പറഞ്ഞത് മരണശേഷമുള്ള കാര്യമോ സ്വപ്നത്തിലുള്ള കാര്യമോ അല്ല ഇതെല്ലാം നമുക്ക് സ്പഷ്ടമായി വേർതിരിഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വ്യക്തമായി ചർച്ച ചെയ്യുന്നത് ഈ ജാഗ്രതത്തിലാണ് മരണശേഷമല്ല സ്വപ്നത്തിനുമല്ല ഇവിടെ എന്തുകൊണ്ട് പ്രതി ശരീരം മനസ്സ് വേറെയായിട്ട് നമുക്ക് തോന്നുന്നു അതിന് കാരണം ഈ സ്ഥൂല ശരീരം സൃഷ്ടിക്കുന്ന ഭേദമാണ് ഈ സ്ഥൂല ശരീരം നശിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തിൽ അവിടെ ഈ മനസ്സല്ല അവിടെ രൂപാന്തരം പ്രാപിച്ച മനസ്സാണ് പരിണമിച്ച മനസ്സാണ് അവിടെ ഭരണമിച്ച മനസ്സായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ മരണശേഷവും അറിഞ്ഞൻ വ്യക്തമായിട്ട് ഇതേ മനസ്സ് ഇതുപോലെ സജീവമായി മരണശേഷം നിലനിന്നിരുന്നെങ്കിൽ മരണത്തെയും ജീവിതത്തെയും നമുക്ക് വേട് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ എങ്ങനെ അറിയും ഞാൻ ഇന്നലെ മരിച്ചു ഇതാ ഇന്ന് ജീവിച്ചു എന്ന് നമ്മള് തിരിച്ചറിഞ്ഞില്ല അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നും മരിക്കുമെന്ന് ചിലപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരിക്കും പക്ഷെ എന്നും മരിച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് മരിച്ചപ്പോ നിലനിന്ന മനസ്സല്ല ഇപ്പൊ നിലനിൽക്കുന്നു പരിണമിച്ചു മാറിപ്പോയി അതുകൊണ്ട് അത്തരം അവസ്ഥകളെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്തത് മനസ്സ് ഏകമായിരുന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ഭിന്നമായി അനുഭവപ്പെടുന്നു എപ്പോ അനുഭവപ്പെടുന്നു ഈ ജാഗ്രത അതിന് കാരണം എന്താണോ ഈ സ്ഥൂല ശരീരം ഓരോ ജീവനെയും വേർതിരിച്ചു നിർത്തും അത് വളരെ കാര്യമാണ് അതുകൊണ്ട് ഞാൻ നീ എന്നിങ്ങനെ വ്യവഹാരം നൽകും സ്ഥൂല ശരീരത്തെ നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് സൂക്ഷ്മ ശരീരത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല സൂക്ഷ്മ ശരീരം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസത്തെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഇതെല്ലാം വളരെ സ്പഷ്ടമായ കാര്യമാണ് സ്ഥൂരശരീരം കൊണ്ടുണ്ടായ വ്യത്യാസത്തെ നമുക്കറിയാം ഞാൻ നീ സ്ത്രീ പുരുഷൻ വൃദ്ധൻ യുവാവ് ഈ തരത്തിൽ സ്ഥൂരശരീരം സൃഷ്ടിക്കുന്ന വ്യത്യാസം കൊണ്ട് ഉള്ള ഭേദം നമുക്ക് പ്രത്യക്ഷമാണ് ഊഹിക്കേണ്ടത് സൂക്ഷ്മ ശരീരം കൊണ്ട് എന്റെ സൂക്ഷ്മ ശരീരം സൂക്ഷ്മശരീരം എന്ന് നമുക്ക് വേദിച്ച് പറയാൻ അത് നമുക്ക് ഭേദജ്ഞാനത്തെ ഉണ്ടാക്കുന്നില്ല സൂക്ഷ്മ ശരീരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ചെറിയ ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല ആർക്കും അതറിയാൻ കഴിയുന്നില്ല കാരണം അത് നമ്മ പരസ്പരം വേർതിരിക്കുന്ന അവച്ഛേദകമല്ല അതായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സൂരശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാം തിരിച്ചറിഞ്ഞ് ഇതുപോലെ വ്യവഹരിച്ചുകൊണ്ടിരുന്നത് അതൊന്നും നമുക്ക് സംഭവിക്കുന്നില്ല അതെല്ലാം നമ്മൾ അതീന്ദ്രിയ ജ്ഞാനത്തിനാണ് പെടുത്തിയിരിക്കുന്നത് ജനനത്തിന് മുമ്പുള്ള കാര്യം മരണത്തിന് ശേഷമുള്ള കാര്യം ഇതെല്ലാം അതീന്ദ്രിയ ജ്ഞാനമാണ് സ്വപ്നം പോലും അതീന്ദ്രിയ ജ്ഞാനമാണ് സ്വപ്നത്തെ നമുക്ക് ഈ ഉപാധികളിലൂടെ അറിയാൻ പറ്റുന്നില്ല എവിടെയാണോ ഈ ഉപാധികളെല്ലാം അപ്രത്യക്ഷമാകുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് സ്വപ്നം അറിയാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് അതൊന്നും എന്താണ് നമ്മുടെ വ്യാവഹാരികമായ അറിവിൽ പരസ്പരം വിവച്ഛരിക്കുന്ന വീട്തിരിക്കുന്ന ഘടകങ്ങളല്ല അതുകൊണ്ട് തന്നെ അത് തന്നെ തെളിവാണ് അത് ഏകമാണ് എന്നുള്ളതിനൊരു അതായത് സൂക്ഷ്മത്തിൽ നമുക്ക് വീട്തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് സൂക്ഷ്മത്തിൽ പലതില്ല ഒന്നേ സൂക്ഷ്മത്തിൽ വേട്തിരിക്കുന്ന ഘടകമായ ഈ സ്ഥൂലമില്ല അതുകൊണ്ടാണ് നമുക്കവിടെ പരസ്പരം വേട്തിരിച്ചറിയാൻ കഴിയാത്തത് ഞാൻ നീ എന്നുള്ള ബോധമില്ലാത്തത് സ്വപ്നത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ പരസ്പരം വേട്തിരിച്ചറിയുന്നതിന് വേണ്ടി അവിടെ നമ്മൾ സ്വപ്നത്തിൽ സ്ഥൂല ശരീരങ്ങളെ സൃഷ്ടിക്കുകയാണ് സ്വപ്നമയമായ സ്ഥൂല ആ ശരീരങ്ങളുടെ സഹായത്തോടു കൂടിയാണ് സ്വപ്നത്തിൽ ഞാൻ നീ എന്ന് ഇങ്ങനെ ഈ സൂര്യശരീരമല്ലെങ്കിലും വ്യവഹാരയോഗ്യമായ സൂര്യശരീരങ്ങളെ സ്വപ്നത്തിൽ സൃഷ്ടിച്ചിട്ടാണ് ആനയും കുതിരയും പുരുഷനെയും സ്ത്രീയും എല്ലാം വേതിരിച്ചറിയുന്നത് അതുകൊണ്ട് മനസ്സിന്റെ ഭേദജ്ഞാനം നമുക്ക് വ്യക്തമായി അറിയുന്നത് ജാഗ്രതയിലേ ഉള്ളൂ അതിന് കാരണമായിരിക്കുന്നത് നമ്മളെ ഈ സൂര്യശരീരം തന്നെയാണ് അതുകൊണ്ടിവിടെ പറഞ്ഞു പലതായി ശരീരമുള്ളതുകൊണ്ടായും നമ്മൾ പലതായി അനുഭവപ്പെടുന്നത് ശരീരം ഇല്ല എന്നുള്ളത് സ്ഥൂരശരീരം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലതായ അറിവ് ഉണ്ടാകത്തില്ല അങ്ങനെ അതിന് സ്ഥൂരശരീരം നഷ്ടപ്പെട്ടാൽ ഉള്ള കാര്യങ്ങൾ അതെല്ലാം പിന്നെ അതീന്ദ്രിയമാണ് വ്യാവഹാരികമായ ചർച്ചയ്ക്ക് അത് വിഷയമാകുന്നില്ല എന്നാണ് സ്വപ്നം പോലെ സ്വപ്നത്തെ നമുക്ക് അവ്യക്തമായ അസ്മരണ മാത്രം ആ സ്മരണയിൽ ആശ്രയിച്ചുള്ള ചർച്ചകളെ സ്വപ്നത്തെ സംബന്ധിച്ചുള്ളൂ ജാഗ്രത സംബന്ധിച്ചങ്ങനെയല്ല വ്യക്തമായ അനുഭവം അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ രണ്ടും നമുക്ക് സ്പഷ്ടമായി അനുഭവപ്പെടുന്നതാണ് മരണത്തോടുകൂടി സ്ഥൂര ശരീരം നശിക്കുമ്പോഴും ഓരോ ജീവന്റെയും അനുഭവം വേറെ വേറെയാണല്ലോ മരണം സംഭവിക്കുന്നു സ്ഥൂല ശരീരം നശിക്കുന്നു പിന്നീട് അനുഭവം ഇല്ല എന്നുള്ളതാണ് വാസ്തവം അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സ്മരിച്ചൻ പിന്നെ മരണത്തെക്കുറിച്ച് പറയുന്നതോ അതെല്ലാം അതീന്ദ്രിയ അനുഭവങ്ങൾ അയോഗ്യപ്രത്യക്ഷമായ കാര്യങ്ങൾ നമ്മളാരും മരിച്ചതിന് ശേഷം മരണശേഷമുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ ആദ്യം അത് സ്മരിച്ചൻ കുറച്ച് വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സ്മരിച്ചാൽ ഞാൻ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് മരിച്ചു അത് അതീന്ദ്രിയമാണ് ആ വിഷയം അതീന്ദ്രിയമായ വിഷയങ്ങളും അനുഭവപ്പെടുന്നു യോഗികൾക്ക് അല്ലെങ്കിൽ യോഗരമായ സംസ്കാരമുള്ള അപൂർവജീവന്മാർക്ക് അല്ലാതെ മരണാനന്തര കാര്യങ്ങൾ ഒന്നും അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ടല്ലേ നജികേ ദിവസം തന്നെ പോയി മത എന്നോട് ചോദിച്ചത് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു അതെല്ലാം വ്യവഹാര യോഗ്യമായ വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ അധിക വിഷയങ്ങളാണ് അതുകൊണ്ട് മരണശേഷം നമുക്ക് ഇന്ന അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ജാഗ്രതയിലുള്ള വെറും ഊഹം കല്പന മാത്രമാണ് ആ കല്പനയ്ക്ക് അപ്പുറം ഒന്നും അല്ലെങ്കിൽ യോഗിമാരുടെ അനുഭവങ്ങൾ ശാസ്ത്രരൂപത്തിൽ വെളിപ്പെടുത്തിയത് നമ്മൾക്കുള്ള കേട്ടറിവാണ് കേട്ടറി മരണശേഷം ജീവൻ ഇങ്ങനെ പല ഉപാധികളെ സ്വീകരിച്ചു ജനിക്കുന്നു മരിക്കുന്നു ഇതെല്ലാം നമുക്ക് സ്വാനുഭവമല്ല വ്യവഹാര യോഗ്യമായ വിഷയങ്ങളെ അല്ല അതുകൊണ്ട് അതിനെല്ലാം അടിയന്തര വിഷയങ്ങൾ പറയുന്നു അതുകൊണ്ട് മരണത്തിന് ശേഷം സൂര്യശരീരം നശിക്കുമ്പോൾ ജീവനും ഒന്നായി അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ വേറെയായി അനുഭവപ്പെടുന്നു എന്നെല്ലാം നമ്മൾ ജാഗ്രതയിൽ വ്യവഹരിക്കുന്നത് അതീന്ദ്രിയമായ അനുഭവങ്ങളെ സേന്ദ്രിയമാക്കാൻ ശ്രമിക്കുന്നതാണ് സ്വപ്നം കാണുമ്പോഴും അനുഭവം വ്യത്യാസപ്പെടുന്നുണ്ടല്ലോ അതിന് സമ്മാനം തന്നെയാണ് സ്വപ്നവും സ്വപ്ന അനുഭവം ജാഗ്രതയിലില്ല മറിച്ച് സ്വപ്നസ്മരണയേയുള്ളു അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നു ഒരിക്കലും സ്വപ്നാനുഭവം ജാഗ്രതത്തിലേക്ക് വരുന്നില്ല സ്വപ്നവും പൂർണമായും അതീന്ദ്രിയമായ വിഷയമാണ്ക്ക് സ്വപ്നത്തിൽ നിലനിൽപ്പില്ല ഇന്ദ്രിയങ്ങളെല്ലാം നശിച്ചുപോയി അവിടെ വിലയിച്ചുപോയി സ്വപ്നത്തിൽ ദൃശ്യങ്ങളെയും ഇന്ദ്രിയങ്ങളെയും സൃഷ്ടിക്കുകയാണ് അവിടെ സ്വപ്ന സൃഷ്ടമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്വപ്ന സൃഷ്ടങ്ങളായ വിഷയങ്ങളെ അനുഭവിക്കുകയാണ് അതുകൊണ്ടാണ് സ്വപ്നത്തിന് അന്ധനായാലും ജാഗ്രത കണ്ണുള്ളവനായിരിക്കുന്നത് ജാഗ്രതത്തിലെ കണ്ണവിടെ നശിക്കുന്നില്ല സ്വപ്നത്തിൽ നശിച്ച കണ്ണല്ല ജാഗ്രതയിലിരിക്കുന്നത് അപ്പം ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും എല്ലാം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് സ്വപ്നവും അതീന്ദ്രിയ വിഷയമാണ് സ്വപ്നത്തിന്റെ അനുഭവം ജാഗ്രതയിലില്ല സ്വപ്ന സ്മൃതി മാത്രമേ ആ സ്വപ്നസ്മൃതിയിൽ നിന്നുകൊണ്ട് നമ്മൾ സ്വപ്നത്തെ സ്വപ്ന അനുഭവങ്ങളെ ചർച്ച ചെയ്യുകയാണ് സ്വപ്നത്തിൽ ജീവഭേദം അനുഭവപ്പെടുന്നതിന് കാരണം സ്വപ്നത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ശരീരങ്ങളാണ് ആ ഭേദം കാരണം അപ്പോൾ മനസ്സ് ഒന്നാണെന്ന് എങ്ങനെയാണ് പറയുക മനസ്സൊന്നാണെന്ന് പറയുന്നതിന് കാരണം മനസ്സിന് കാരണമായിരിക്കുന്ന ഭൂതങ്ങൾ അതൊന്നായതുകൊണ്ടാണ് അതുകൊണ്ടാണ് മനസ്സൊന്നെന്ന് പറയുന്നത് അല്ലാതെ നമ്മളതിനെ ഏകമായി ധരിക്കുന്നു പലതായി ധരിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല പലിശ മനസ്സിൻ്റെ കാരണം ഒന്നായത് കൊണ്ട് കാര്യമായ മനസ്സൊന്നാണ് സൃഷ്ടി രണ്ടു മനസ്സിനെ സൃഷ്ടിച്ചു സൃഷ്ടിയില്ലെന്ന് പറയുന്നില്ല ഒന്നിനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നു ആ ഒരു മനസ്സ് പലതായിരിക്കുന്നു അതുകൊണ്ട് മനസ്സേകമാണെന്ന് പറയുന്നു അതാണ് അല്ലാതെ നമ്മൾ എല്ലാ മനസ്സിനെയും ഒന്നായി അനുഭവപ്പെടുന്നതുകൊണ്ട് പറയുന്നില്ല അതൊന്നാണെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അടിസ്ഥാന വ്യക്തിയുടെ അടിസ്ഥാനത്തിനാണ് മനസ്സിന്റെ കാരണവും അതുകൊണ്ട് ശ്രുതി പറയുന്ന സൃഷ്ടിക്രമം അനുസരിച്ചാൽ മറ്റാചാര്യന്മാർ പറയുന്ന സൃഷ്ടിക്രമങ്ങൾ അനുസരിച്ചാൽ സൃഷ്ടിക്രമങ്ങൾ പലതുണ്ട് ശ്രുതി തന്നെ മനസ്സേകമാണ് എന്നുള്ളതാണ് മുഖ്യമായ സിദ്ധാന്തം മനോമാത്രം ഇതം സർവം ഈ കാണുന്ന സർവവും മനോമാത്രമാണ് കേവലമായ മനസ്സാണ് എന്ന് പറയുമ്പോൾ കേവലമായ ഏകമായ മനസ്സിന്റെ വൈകിത്യങ്ങളാണ് സൃഷ്ടി മനസ്സൊന്നേ ഉള്ളൂ ഏകമായ മനസ്സ് പല സൃഷ്ടി ചെയ്യും അതുകൊണ്ടാണ് സർവവും ഒന്നാകണമെങ്കിൽ ഏകമായിരിക്കുന്നുവെന്നു മാത്രമേ സർവത്തെ ഒന്നാക്കാൻ പറ്റും മനസ്സ് ഏകമായിരിക്കുന്നോണ്ട് സർവവും മനസ്സാണെന്ന് പറയുന്നു പറയുന്നതിന് കാരണം അതാണ് അതിന് കാരണമായിരിക്കും ണ് അതുകൊണ്ടാണ് മനസ്സ് ഒന്നെന്ന് പറയുന്നത് ആ മനസ്സ് നമ്മുടെ ഈ വ്യവഹാരാവസ്ഥയിൽ മനസ്സും വാക്കും ചിന്തയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ മനസ്സ് പലതുപോലെ അനുഭവപ്പെടും അതിന് കാരണം ഈ ജീവഭേദം നമുക്ക് അനുഭവപ്പെടുന്ന ജീവഭേദം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സൃഷ്ടിയാണ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വ്യവഹാരികമായ അനുഭവങ്ങളൊന്നും തന്നെ ഇല്ല അത് അതിന്റെ വിഷയമാണ് അതുകൊണ്ടാണ് മരണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരിക്കലും അവസാനിക്കുക അടുത്ത ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ പറയുക സാക്ഷാത്കാരം എന്നാൽ നിരന്തരമുള്ള ഈശ്വരസ്മരണയാണ് അതായത് നിരന്തരം ഈശ്വരനെ സ്മരിക്കുമ്പോൾ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ സാക്ഷാത്കാരം എന്നാൽ വേറെ എന്തോ ഒന്ന് കിട്ടുന്നതല്ല എന്നാണ് എന്നാൽ ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഈശ്വരനിൽ ലയിക്കുക അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ യിക്കുക ഭ്രഹ്മായി തീരുക അല്ലെങ്കിൽ താനും ആ ഭ്രഹം തന്നെയാണ് എന്നും അനുഭവം ഉണ്ടാവുക എന്നെല്ലാം പറഞ്ഞാൽ ഒന്നാണല്ലോ ഈ സാക്ഷാത്കാരത്തെ അവനവന്റെ വാസന അനുസരിച്ച് എങ്ങനെ വിശദീകരിക്കാം ചിലടത്ത് പറയും അത് ലയിക്കുന്നതാണെന്ന് പറയും ചിലടത്ത് പറയും അത് ഒന്നായി തീരുക എന്ന് പറയും ഏതെല്ലാം തരത്തിൽ അതിനെ വിശദീകരിച്ചാലും വിശദീകരണങ്ങൾക്കൊന്നും അതിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അത് അപര്യാപ്തമാണ് സാക്ഷാത്കാരത്തെ വിശദീകരണങ്ങൾ പൂർണമാക്കുന്നില്ല അല്ലെങ്കിൽ വിശദീകരണത്തിലൂടെ അതിനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയില്ല അതാണ് ഇവിടെ വന്നിരിക്കുന്നത് വൈഷമ്യം ഇവിടെ ശ്രോതാവ് വിശദീകരണത്തിലൂടെ സാക്ഷാത്കാരം അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയാണ് നടക്കുന്ന കാര്യം അതിന്റെ പരാതിയാണ് ഇത് വിശദീകരണത്തിലൂടെ എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം വിശദീകരണത്തിലൂടെ സാക്ഷാത്കരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അതും നടക്കാത്ത കാര്യമാണ് പലതരത്തിലും അതിനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും ഒരിക്കലും വിശദീകരണത്തിലൂടെ സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല അങ്ങനെ സംഭവിക്കാം എന്ന് പറഞ്ഞെങ്കിൽ ആ പറയുന്ന വിശമുണ്ട് അപ്പൊ പലതരത്തിൽ വിശദീകരണങ്ങളുണ്ട് അതിൽ ഒരു വിശദീകരണം ഇന്നലെ പറഞ്ഞു ഇന്ന് ചിലപ്പോൾ മറ്റൊരു വിശദീകരണം പറയും നാളെ വേറെന്ന് പറയും അതെന്റെ സ്വാതന്ത്ര്യമാണ് അതിന് വേറെ ആരും കൈകടത്താനും ഞാൻ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് സാക്ഷാത്കരിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിത്തമില്ല അത് അവനവൽ സംഭവിക്കേണ്ട കാര്യമാണ് അത് അവനവന് സംഭവിക്കണം അപ്പം നിരന്തരമായ ഈശ്വരസ്മരണയാണ് സാക്ഷാത്കാരമെന്ന് പറയുന്നത് പ്രതിബോധ വിദിതം മതം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അമൃതത്വം ഹി വിന്ദത എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതിന് ഒരു ലളിതമായ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതാണ് എന്റെ അപരാധം അല്ല ശാസ്ത്രത്തിന്റെ സാങ്കേതികത്വത്തെ ഒന്നും തെറ്റിച്ചിട്ടില്ല പക്ഷെ കേട്ടയാളിനെ സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല അത് അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് കരുതാനെന്ന് പറത്തിയില്ല നമ്മ സാക്ഷാത്കാരം എങ്ങനെ വേണോ പറയാൻ നോക്ക് ശ്രീബുദ്ധം പറഞ്ഞത് സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ശൂന്യമാണ് ക്ഷണികമാണ് എന്താ പറഞ്ഞു സ്വലക്ഷണമാണ് അസ്വരൂപമാണ് അങ്ങനെ ഓരോ ആചാര്യന്മാരും പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് കൊണ്ടാരും നമ്മളാരും സാക്ഷാത്കരിക്കുന്നു എങ്ങനെ പറഞ്ഞാലും ഇനി ഇതല്ല വേറെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞാലും സാക്ഷാത്കാരം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല വനുണ്ട് ഇല്ലാത്തവനില്ല അതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് സാക്ഷാത്കാരത്തെ കുറിച്ച് ഇത്രേ പറയാൻ പറ്റൂ അത് ഏത് തരത്തിലും നമുക്ക് വിശദീകരിക്കാം പക്ഷെ വിശദീകരണങ്ങൾ കൊണ്ടല്ല സാക്ഷാത്കാരം ഉണ്ടാകേണ്ടത് എന്നുവെച്ചാൽ നമ്മൾ സാക്ഷാത്കാരത്തിന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് സാക്ഷാത്കാരത്തെ നമ്മൾ ഒരു വിശദീകരണത്തിലൂടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് സാക്ഷാത്കാരത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് സാക്ഷാത്കാരം ആ സാക്ഷാത്കാരത്തെ നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമല്ല നമ്മൾ സാക്ഷാത്കരിച്ചില്ലെന്നേ ഉള്ളൂ നമ്മുടെ ഒരു കുറ്റമല്ല നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ല സാക്ഷാത്കാരം നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അത് അതായി തീരാൻ നമുക്ക് കഴിയുന്നില്ല അത് പറയുന്നതിന്റെ ബസവും കേൾക്കുന്നതിന്റെ ബസവുമല്ല മറിച്ച് നമ്മുടെ ആ പക്വത അത് എത്തിച്ചേരാത്ത കൊണ്ടാണ് അത് മനസ്സിലാകാത്തത് നമ്മൾ സാക്ഷാത്കാരത്തെ എങ്ങനെയും വിശദീകരിക്കുക മൌനം അതും സാക്ഷാത്കാരത്തിന്റെ വിശദീകരണമാണ് ഈശ്വരുതിയുടെ ഉപദേശങ്ങളും മൊത്തം ആദ്യന്തം സാക്ഷാത്കാരത്തിന്റെ വിശദീകരണങ്ങളാണ് ശാസ്ത്രങ്ങൾ മുഴുവൻ സാക്ഷാത്കാരത്തിന്റെ വിശദീകരണങ്ങളാണ് ഗുരുപദേശങ്ങളെല്ലാം അതിന്റെ വിശദീകരണങ്ങളാണ് നിരന്തരം നമ്മൾ പറയുന്നുണ്ടല്ലോ അശബ്ദം അസ്പർശം അരൂപം അമ്പീയം എന്ന് പറയുമ്പോൾ അതും സാക്ഷാത്കാരമാണ് അതിന്റെ വിശദീകരണം ഒന്നാണ് വേറൊരു സ്ഥലത്ത് പറഞ്ഞു വാങ് മനസ്സി പ്രാജ്ഞ എന്ന് പറഞ്ഞു ഇതും സാക്ഷാത്കാരമാണ് പ്രതിബോധവിദിതം മതം അനുക്ഷണം ഉള്ളിൽ സ്ഫുരിക്കുന്നതാണ് സാക്ഷാത്കാരം അതും മറ്റൊരു വിശദീകരണമാണ് പലതരത്തിൽ പറ അഹം ബ്രഹ്മസ്മി പ്രജ്ഞാനം ബ്രഹ്മ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ ഇതെല്ലാം സാക്ഷാത്കാരത്തിന്റെ വിശദീകരണങ്ങളാണ് ഇതൊന്നും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഇത് എല്ലാം പരസ്പര വിരുദ്ധമാണെന്ന് പറയുന്നത് ശ്രോതാവിന്റെ കുറ്റമല്ല അല്ലെങ്കിൽ ഈ വിശദീകരണങ്ങൾ എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു ന്യൂനതയല്ല സാക്ഷാത്കരിക്കുന്നില്ല സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊന്നു മാത്രമാണ് അതിനുള്ള യോഗ്യത ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാവുന്നതാണ് അതല്ലാതെ അതിന് വേറെ തൽക്കാലം നിവൃത്തിയില്ല ഈ അവസ്ഥയെക്കുറിച്ച് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയാണ് രണ്ടും പറയും ശരി രണ്ടു പറഞ്ഞാലും ശരിയാണ് അതായത് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ സമഗ്രമായ അറിവ് നമുക്ക് ഒന്ന് പറയാം എന്താണ് ഈ അവസ്ഥയെ ഒരു വാക്കുകൊണ്ടും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയാം അത് പൂർണമായും ശരിയാണ് അതുപോലെ പൂർണ്ണമായും ശരിയാണ് എല്ലാ വാക്കുകളും വെളിപ്പെടുത്തുന്നതും ഈ അവസ്ഥയാണെന്ന് പറയുന്നത് ഇത് രണ്ടും ഒരു കാര്യമാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഇതിനെക്കുറിച്ചുള്ള പൂർണമായ അറിവ് പക്വമായ അറിവ് ഒരു വാക്കുകൾക്കും ഇതിനെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല അതേസമയം സർവ വാക്കുകളും ഇതിനെ തന്നെ വെളിപ്പെടുത്തുന്നു ഇത് രണ്ടും ധരിക്കാൻ കഴിഞ്ഞാൽ അതാണ് സാക്ഷാത്കാരം ീ അവസ്ഥയെക്കുറിച്ച് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല ഒരിക്കലും നമ്മുടെ അറിവുകൾ ഭാഗികമായിരിക്കരുത് അപൂർണമായിരിക്കരുത് അത് പൂർണമായിരിക്കണം സമഗ്രമായിരിക്കണം എന്നാലേ മനസ്സിന് സമാനം വരത്തുള്ളൂ എച്ചിൽ ആകാത്ത ഒരേ ഒരു വാക്ക് ഇതാണ് എന്നൊക്കെ അല്ലെ പറയും ശരിയാണ് ആ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ ശരി അവിടെ ഒന്നല്ല എന്നാണ് നമ്മുടെ ഏകദേശ ധാരണകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല ശരി എന്നാണ് അത് നമ്മൾ ശരിയാകും നമ്മുടെ ശരികളെ കുറച്ചുകൂടി ശരിയാക്കിയാൽ മതി അപ്പോൾ സ്വാമിജി പറഞ്ഞതും ഇതും കൂടി എങ്ങനെ പൊരുത്തപ്പെട്ട് ചിന്തിക്കാം ഇപ്പം മനസ്സിലായിരിക്കുമല്ലോ പൊരുത്തക്കേട് പറഞ്ഞെടുത്തല്ല മറ്റെവിടെയാണ് പൊരുത്തക്കേട് ആ പൊരുത്തക്കേട് സ്വയം ശരിയാക്കേണ്ടതാണ് പറയുന്നിടത്തൊരിക്കലും പൊരുത്തക്കേട് വരത്തില്ല അങ്ങനെ സംശയിക്കണ്ട എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അതൊക്കെ സ്വയം ഏറ്റെടുത്താണോ നിരപരാധികളുടെ പുറത്ത് അത് വയ്ക്കരുത് അപ്പൊ ഇല്ലാതാകണം അപ്പൊ പൊരുത്തക്കേട് എവിടെയാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്നു മറ്റവിടെ ഇല്ലാതാക്കണം അല്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൊരുത്തക്കേട് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് പൊരുത്തക്കേട് ഒരിക്കലും മാറത്തില്ല എവിടെയാണോ പൊരുത്തക്കേട് ഇരിക്കുന്നത് അവിടെ എവിടെയാണോ രോഗം അവിടെ ചികിത്സിക്കുക രോഗമില്ലാത്തവനെ പോയി ചികിത്സിക്കരുത് അപ്പോൾ അത് നമ്മൾ സ്വയം അതിനാണ് എന്ത് പറയുന്നത് ആത്മാനാത്മവിവേകം സ്വയം മനസിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് സ്വയം ആണ് പൊരുത്തക്കേട് വരുന്നത് പൊരുത്തക്കേട് ശ്രോതാവിലാണ് വക്താവിലല്ല നമ്മുടെ പൊരത്തക്കേടിനെ നമ്മളങ്ങോട്ട് ആരോപിക്കും അതല്ലേ നേരത്തെ പറഞ്ഞത് ഈശ്വരനിലല്ല പ്രശ്നങ്ങളും നിലനിൽക്കുന്നത് ജീവനിലാണ് പക്ഷെ ജീവൻ എന്ത് ചെയ്യുന്നു അല്ല ഈശ്വരനെ ആരോപിക്കുന്നു എന്നിട്ട് ഈശ്വരനോട് ചോദിക്കുന്നു എന്തിന് പരിപൂർണ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന എന്നെ ഈ ജീവാവസ്ഥയിലെത്തിച്ചു എന്തുകൊണ്ട് സംസാര ബന്ധ മോക്ഷങ്ങളെല്ലാം ഉണ്ടാക്കി എന്ന തിരിച്ചു ചോദിക്കുന്നു ഇതൊന്നും അവിടെ ഇല്ല പരമാത്മാവിൽ ഇതൊന്നും ഇല്ല ഇല്ലെങ്കിലും അതൊക്കെ ആരോപിക്കുന്നു ഇതെന്തെല്ലാം കർതൃത്വം പരമാത്മാവിൽ ആരോപിക്കുന്നു ചോദ്യം ചോദിക്കുന്നു മറുപടി ആവശ്യപ്പെടുന്നു അതുതന്നെയാണ് ഈ സാക്ഷാത്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാഥമികമായും നമുക്കുണ്ടാകുന്ന അനുഭവം അതുകൊണ്ട് ഇതിനെങ്ങനെയും വിശദീകരിക്കാം വിശദീകരിക്കാൻ ഉള്ള ബോധം നമുക്കുണ്ടെങ്കിൽ വിശദീകരിക്കാം അതെല്ലാം ശരിയാണ് നമ്മുടെ ശ്രുതി തന്നെ അങ്ങനെ ചെയ്യുന്നു പലതരത്തിൽ നമ്മൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു നമുക്ക് ഏകദേശം ചിലത് മനസ്സിലാകുന്നു ചിലത് മനസ്സിലാകുന്നില്ല എന്നുള്ള കുഴപ്പമാണ് എന്തായാലും അതൊരു നല്ല വിഷയമാണ് ഇവിടെ ശ്രുതി പറയുന്നത് ആ പറയുന്ന സാക്ഷാത്കാരം അമൃതത്വം അതിനെ ആഗ്രഹിക്കുന്നവൻ ആവർത്ത ചായിത്തീരുന്നു അങ്ങനെ ആവർത്ത ചക്ഷുവായി അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടുത്തെ ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അല്ലാത്തവനോ മൃത്യുവിന്റെ ബന്ധനത്തിൽ പെടുന്നു മാമൃതത്തിൽ എത്തിച്ചേരുന്ന എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ഈ അസ്ഥിരങ്ങളായ ഈ പ്രാപഞ്ചിക വിഷയങ്ങളിൽ വ്യവഹാരങ്ങളിൽ കുടുങ്ങരുത് എന്നാണ് ഈ പ്രാപഞ്ചിക വ്യവഹാരങ്ങളിൽ ജീവനെ ബന്ധിക്കുന്ന ശബ്ദസ്പർശ രൂപരസങ്ങൾക്ക് അപ്പുറമുള്ളതാണ് ആ പരമാർത്ഥ സത്യം എന്നാണ് തുടർന്നുള്ള മന്ത്രങ്ങളിൽ വിശദീകരിക്കുന്നത് ആരാണോ ആ പരമാർത്ഥ സത്വത്തെ അറിയുന്നത് അവൻ ധീരോശോചതി നാലാമത്തെ മന്ത്രത്തിൽ പറയുന്നു അവന് അതിന്റെ ഫലം എന്താണ് ദുഃഖ നിവാരണമാണ് സർവ്വ ദുഃഖ അതാണ് തുടർന്നുള്ള മന്ത്രങ്ങളിൽ അതിന്റെ ഫലത്തെ കുറിച്ച് ആ തത്വത്തിന്റെ സൂക്ഷ്മതയെക്കുറിച്ച് ആണ് അടുത്തത് ആറ് ഏഴ് എട്ട് മന്ത്രങ്ങളിലെല്ലാം പറയുന്നത് അത് എന്തുകൊണ്ട് ബുദ്ധിഗ്രാഹ്യമായിരിക്കുന്നില്ല എന്തുകൊണ്ടത് ബുദ്ധിഗ്രാഹ്യമായിത്തീരുന്നു അതെല്ലാം അവിടെ ഇത് രണ്ടും പറയും ബുദ്ധിഗ്രാഹ്യമല്ലെന്ന് പറയും ബുദ്ധിഗ്രാഹ്യമാണെന്ന് പറയും വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല എന്ന് പറയും വാക്കുകളെല്ലാം പറയുന്നത് അതിനെയാണെന്ന് പറയും ഇതെല്ലാം ശരിയാണ് അപ്പോൾ അതിന് മുഖ്യമായ സാധന അതാണ് പത്താമത്തെ മണ്ഡലത്തിൽ നിർദ്ദേശിക്കുന്നത് മൃത്യൂസ മൃത്യു ആപിനോദി ഈ വ്യവഹാരമണ്ഡലത്തിൽ ഈ ജീവ അവസ്ഥയിലിരുന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുവന് ആ ഈശ്വരബോധം വേണം ഈശ്വരബോധം എന്ന് പറയുമ്പോ ആ നാനാത്വ നിരാ അതിൽ നിന്നുണ്ടാകുന്ന ബോധമാണ് നാനാത്വ ബോധം സഹജമായിരിക്കുന്നു വാസന അനുസൃതമായിരിക്കുന്നു അതിനെ പിന്തുടരുന്നവർ മൃത്യു സമൃത്യും ആപ്നോദി അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു അതാണ് മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന എന്താണ് അനുക്ഷണം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞല്ലോ സാക്ഷാത്കാരം സംഭവിക്കുന്നു എന്നാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് അനുക്ഷണം മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അനുക്ഷണം സാക്ഷാത്കാരവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജീവനില് രണ്ട് സംഭവിക്കുകയാണ് അനുക്ഷണം മരണവും സംഭവിക്കുന്നു അതവൻ മൃത്യോഹ് സമൃത്യുമാസാരത്തെ കാണിക്കുന്നു പ്രതി ബോധവിദിതം എന്ന് പറയുമ്പോൾ അനുക്ഷണം സാക്ഷാത്കാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടും ഒരു ജീവനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വ്യത്യാസം ആരാണോ ആരാണോ നാനാത്വത്തെ കാണുന്നത് അവനിൽ അനുക്ഷണം മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏകത്വദർശിന നേരത്തെ പറഞ്ഞു ആരാണോ ഏകത്വദർശിയായിരിക്കുന്നത് അവന് അനുക്ഷണം സാക്ഷാത്കാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് രണ്ടും നമ്മളുടെ വ്യത്യാസം ചോദിക്കുന്നത് ഈശ്വര സ്മരണയാണോ സാക്ഷാത്കാരം അതെ ഈശ്വര സ്മരണയാണെങ്കിൽ ഞാനും നിരന്തരം ഈശ്വരനെ സ്മരിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് എനിക്ക് സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല ഞാനും നിരന്തരം സ്മരിക്കുന്നുണ്ട് പക്ഷെ ഈശ്വരനെ ആയിരിക്കത്തില്ല അതാണത് സംഭവിക്കാത്തത് മറ്റെന്തിനെയൊക്കെയോ ആണ് നിരന്തരം സ്മരിക്കുന്നത് എന്നിട്ട് കരുതുന്നത് എന്താണ് ഈശ്വരനെ സ്മരിക്കുകയല്ല താൻ സ്മരിക്കുന്നതാണ് ഈശ്വരൻ എന്ന് കരുതിപ്പോകുന്നു അവിടെ കുഴപ്പം പറ്റിയിരിക്കുന്നു എന്നിട്ട് അതിന്റെ ഫലത്തെ ആവശ്യപ്പെടുകയാണ് സാക്ഷാത്കാരത്തെ അപ്പോൾ സാക്ഷാത്കാരം സംഭവിക്കാണ്ട് സംഭവിക്കാത്തത് തന്നെ നമുക്ക് പറയാം എന്താണ് എന്റെ നിരന്തരമായ ഈശ്വര സ്മരണയെന്ന് പറയുന്നത് അതല്ല മറ്റെന്തോ ഈശ്വരനെന്ന് ധരിച്ചുകൊണ്ട് മറ്റെന്തിനെ സ്മരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ സാക്ഷാത്കാരം സംഭവിക്കുക നിരന്തരം ഈശ്വരസ്മരണയാണെങ്കിൽ സ്മരിക്കുന്ന ഈശ്വരനെ തന്നെയാണെങ്കിൽ നിരന്തരം സാക്ഷാത്കാരവും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നെ അത് മറ്റൊരാളുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യം വരത്തില്ല അതാണ് പരാതിപ്പെടേണ്ട ആവശ്യവും വരുന്നില്ല നിരന്തരമായി ഈശ്വരസ്മരണയുണ്ട് പക്ഷേ സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല ൂര്യൻ ആകാശത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഭൂമിയിൽ വെളിച്ചമില്ല അങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തില്ല സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ ഇവിടെ വെളിച്ചമില്ല എന്നിങ്ങനെ പരാതിപ്പെടാൻ പറ്റും അതുകൊണ്ട് നിരന്തരം ഈശ്വര സ്മരണയിലാണ് പക്ഷെ സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അപ്പൊ നിരന്തരം ആയി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റെന്തോ ഒരു വസ്തുവിനെയാണ് അത് ഈശ്വരനല്ല ഈശ്വരനെ സ്മരിക്കുമ്പോൾ അത് സംഭവിക്കും അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ഏകത്വ ദർശന ആ ഏകത്വ ദർശിക്ക് അവന് സാക്ഷാത്കാരം സംഭവിക്കുന്നു ഏഹ് നാനേവ പശ്ചിതി ഇവയാണോ പലത് കാണുന്നത് അവന് മൃത്യോഹു മൃത്യുസാതി അവൻ പ്രതിക്ഷണം അതിനാണോ ആവർത്തിക്കുന്നത് പൂങ്കനുപുങ് ആചരസ്വാമികളെന്ന് പറയും അനുക്ഷണം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ത് വ്യവഹാരമധ്യത്തിനായനച്ച് ജീവനവന്റെ ഏതവസ്ഥയിലായനുസരിച്ച് പ്രതീക്ഷണം അത് സംഭവിക്കാന്നുള്ളതാണ് എന്നാണ് അതുകൊണ്ടാണ് ശ്രീ ബുദ്ധന്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞത് ഓരോ ക്ഷണത്തിനും അത് സ്മുരിച്ചുകൊണ്ടേയിരിക്കുന്നു അത് മാത്രമേ സ്മുരിക്കുന്നുള്ളൂ പ്രപഞ്ച ഭാനത്തിൽ ഭാസിക്കുന്നത് സ്വലക്ഷണമായിരിക്കുന്ന ആത്മാവാണ് എന്ന് പറഞ്ഞു ഇതുതന്നെയാണ് അതുകൊണ്ട് നാനാത്വത്തെ കാണുന്നവന് മരണം ആണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഈശ്വരനെ സ്മരിച്ചിട്ടും എനിക്ക് സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു സംഭവിക്കത്തില്ല കാരണം അവിടെ സ്മരിക്കുന്നത് ഈശ്വരനെ അല്ല എന്നാണ് അതാണ് അത് വ്യക്തമായ അനുഭവമാണെന്നുള്ളതാണ് അടുത്ത മന്ത്രം കാണിക്കുന്നത് മനസ്സേ വേദമാവ്യം മനസ്സുകൊണ്ട് തന്നെ ഇതിനെ അറിയാം മനസ്സുകൊണ്ട് ഇതിനെ അറിയാമെന്ന് പറഞ്ഞാൽ അത് അനുഭവഗമ്യമാണ് എന്നാണ് സ്വ അതുകൊണ്ടാണ് മനസ്സുകൊണ്ടറിയാമെന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് ഒരു വസ്തുവിനെ അറിഞ്ഞാൽ അതിനനുഭവിക്കുന്നു എന്നറിയാം മനസ്സുകൊണ്ടറിയുമ്പോ അതാണ് തൊട്ട് അടുത്ത മന്ത്രത്തിൽ പറയുന്നു മനസ്സിനെ വേദമാക്കവയും മനസ്സുകൊണ്ട് തന്നെ ഇതിനെ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ ഇത് ഒരു ജീവന്റെ അനുഭവമായി തന്നെ വരുന്ന കാര്യമാണ് ഇത് വെറുതൊരു കടങ്കഥയാണ് നാനാസ്തി കിഞ്ചന ഇവിടെ പലതില്ല ഈശ്വരൻ മാത്രമേ ഉള്ളൂ മായി ഈശ്വര സാക്ഷാത്കാരമേ ഉള്ളൂ എന്നുള്ളതാണ് ശ്രുതി പറയുന്നത് വേറെ ഒരു സാക്ഷാത്കാരം ഇവിടെ സംഭവിക്കുന്നില്ല അതാണ് പരമാവധി നമ്മൾ പരാതിപ്പെടുകയാണ് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നില്ല ശ്രുതി പറയുന്നത് എന്താണ് ഇവിടെ ജീവൻ ഒരേ ഒരു സാക്ഷാത്കാരമേ ഉണ്ടാകുന്നു ഈശ്വര സാക്ഷാത്കാരം മാത്രം വേറെ ഒരു സാക്ഷാത്കാരവും ഉണ്ടാകുന്നു സ്നേഹ നാനാസ്തി കിഞ്ചന എന്ന് പറഞ്ഞു തരുന്ന അതാണ് മറ്റെന്തിനെയെങ്കിലും നാം സാക്ഷാത്കരിക്കാൻ കഴിയില്ല എങ്ങനെ കഴിയും ബോധസ്വരൂപനായിരിക്കുന്ന സച്ചിദാനന്ദ്രിസ്വരൂപനായിരിക്കുന്ന നിത്യമുക്തനായിരിക്കുന്ന ആത്മാവന് മറ്റ് വേറെ ഒന്നിനെങ്ങനെയാണ് സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് ഒരിക്കലും കഴിയുന്ന സാക്ഷാത്കാരം എവിടെയുണ്ടോ അവിടെ ഈശ്വര സാക്ഷാത്കാരമേ ഉള്ളൂ എന്നുള്ളതാണ് ശ്രുതി പറയുന്നത് മറ്റൊന്നിനും ജീവനെ സാക്ഷാത്കരിക്കാൻ കഴിയത്തില്ല അതാണ് പറഞ്ഞത് പ്രതിബോധവിദ്യതം എന്ന് പറയുന്നു ബോധസ്ഫുരണം എവിടെയുണ്ടോ അവിടെ ഈ പറയുന്ന സാക്ഷാത്കാരമുണ്ട് എന്നാണ് അത് പിടികിട്ടുന്നില്ല ആ പിടികൂട്ടാത്തതിനാൽ അടുത്ത വരിപ്പറന്ന മൃത്യുവും ഗച്ഛതി അവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇത് ഉപദേശിക്കുന്നത് ശ്രുതിയാണ് ശ്രുതിയുടെ ഉപദേശത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണത് നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്നത് ശ്രുതി പ്രധാനമായിട്ട് ശബ്ദശ്രുതി ശബ്ദശ്രുതി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രവണപുടങ്ങളിൽ പതിയുന്ന ശബ്ദം ഉപദേശം ശ്രുതിയുടെ ഉപദേശം മറ്റൊന്നിലൂടെ കടന്നുവരുന്നത് അനുശ്രൂയതേ ഇതി ശ്രുതി പരമ്പരയായി നമ്മൾ ശ്രവിച്ചു വരുന്നത് ഒരു ഗുരു ഒരു ശിഷ്യൻ ഉപദേശിച്ചു ആ ശിഷ്യൻ മറ്റൊരു ശിഷ്യൻ ഉപദേശിച്ചു ഇങ്ങനെ കടന്നു കടന്നു വരികയാണ് ഇതിനാണ് ശ്രുതി എന്ന് പറയും ശബ്ദ ശ്രുതി എന്ന് പറയും നമ്മൾ ശ്രവിക്കുന്ന ശ്രുതി നമ്മൾ ഗ്രന്ഥത്തിൽ കാണുന്ന എന്താണ് ശ്രുതിയുടെ പ്രതീകം അതാണ് അക്ഷരം എന്ന് പറയുന്നത് ലിപികൾ എന്ന് പറയുന്നത് ശ്രുതിയുടെ പ്രതീകമാണ് ലിപി ശബ്ദമല്ല ലിപി നേത്രേന്ദ്രിയത്തിനു വിഷയം ശബ്ദ ശ്രവണേന്ദ്രിയു വിഷയം അത്രയെങ്ങനെ നമ്മൾ തിരിച്ചറിയും അപ്പൊ നേത്രേന്ദ്രിയത്തിന് വിഷയമായിരിക്കുന്ന രൂപാത്മകമായ ശബ്ദത്തെ ശ്രവണാത്മകമായ ശബ്ദമാക്കി മാറ്റുന്നു അതാരാ മാറ്റുന്നത് അക്ഷരങ്ങളെ കാണുമ്പോൾ ശബ്ദം ശ്രവിക്കുന്ന എങ്ങനെ വാസ്തവത്തിലെ അക്ഷരങ്ങളെ കാണുമ്പോൾ നമ്മൾ ശബ്ദം ശ്രവിക്കുകയാണോ ചെയ്യുന്നതല്ല അക്ഷരങ്ങളെ നേത്രേന്ദ്രിയത്തിലൂടെ കാണുമ്പോൾ ആ കാഴ്ച ഉള്ളിൽ സംസ്കാരത്തെ ഉണർത്തി വാഗേന്ദ്രിയത്തെ പ്രവർത്തിപ്പിച്ച് അങ്ങനെ ശബ്ദരൂപത്തിലാക്കി ഉച്ചരിച്ച് ശ്രവണേന്ദ്രിയത്തിലെത്തിക്കുക ചെയ്യുന്നു അതിനകത്ത് ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട് അങ്ങനെയാണ് ശ്രുതിയെ നമ്മൾ ശ്രവിക്കുന്നത് നമ്മൾ വായിക്കുന്നു എന്ന് പറയുന്നതിന്റെ ചുരുക്കം അതാണ് രൂപം സംസ്കാരം വാക്ക് അങ്ങനെ മാറുകയാണ് ബാഹ്യമായ രൂപം ഉള്ളിൽ ജാഗ്രതാവുന്ന സംസ്കാരം പിന്നെ ബാഹ്യമായി വരുന്ന ശബ്ദം ആ ബാഹ്യമായ ശബ്ദം നമ്മളെ ശ്രവണവടത്തിലൂടെ വീണ്ടും ഉള്ളിൽ പ്രവേശിക്കുന്നു നമ്മൾ ഉച്ചരിക്കുന്നതിന് നമ്മൾ കേൾക്കുന്നുണ്ടെന്ന് പക്ഷേ നമ്മൾ ഉച്ചരിക്കുന്നത് മാത്രമല്ല ശബ്ദം ഉച്ചരിക്കാത്തപ്പോഴും ശബ്ദം നമ്മുടെ ഉള്ളിൽ സ്ഥിതി എങ്ങനെ ചെയ്യുന്നു സംസ്കാര രൂപത്തിൽ സ്ഥിതി ആ സംസ്കാരം എവിടെ നിന്ന് അനാദി ജന്മങ്ങളെ അനന്ത ജന്മങ്ങളിലൂടെ നമ്മൾ ആർജിച്ച ശ്രൗത സംസ്കാരം ശ്രുതിയുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ആ സംസ്കാരമാണ് നമ്മുടെ വാഗീന്ദ്രിയത്തെ പ്രവർത്തിപ്പിച്ചത് ബാഹ്യമായ ശബ്ദത്തെ സൃഷ്ടിച്ചത് ആ ശബ്ദമാണ് നമ്മുടെ തന്നെ ശ്രവണേന്ദ്രിയ കുറഞ്ഞ് വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് അതിനെ കടക്കുമ്പോൾ ആണ് നമ്മളതിനെ ശബ്ദശ്രുതി എന്ന് പറയുന്നത് ഇനി മറ്റൊരു ശ്രുതിയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചാണ് അർത്ഥ ശ്രുതി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും നമ്മുടെ ശ്രവണകുടത്തിലൂടെ ശബ്ദരൂപത്തിൽ ശ്രുതി ഉള്ളിക്കിടന്നാൽ നമ്മുടെ ഉള്ളിൽ അർത്ഥശ്രുതി ഉണ്ടാവും നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ കേട്ടു പക്ഷെ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ശബ്ദം ഞാനുണ്ടായി അർത്ഥം ഞാനും ഉണ്ടാകുന്നില്ല അവിടെയാണ് പ്രശ്നം ശ്രുതി പറയുന്നു പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല അർത്ഥശ്രുതി സംഭവിക്കുന്നില്ല വാക്കിൽ നിന്ന് അർത്ഥമുണ്ടായോ അതായത് അർത്ഥത്തിൽ നിന്ന് വാക്കുണ്ടായോ ഇത് രണ്ടും അനാദിയാണ് ശബ്ദാർത്ഥങ്ങൾ അനാദിയായി അവിഭക്തങ്ങളായിരിക്കുകയാണ് ശബ്ദമുണ്ടെടുത്ത് അർത്ഥവും ഉണ്ട് അർത്ഥം ഉള്ളെടുത്ത് ശബ്ദം ഉണ്ടാകാം അതിനുള്ള സാധ്യതയുണ്ട് എപ്പോൾ ശ്രുതി നമ്മൾ ശ്രവിച്ചാൽ നമ്മുടെ ഉള്ളിൽ അർത്ഥം സ്ഫുരിക്കണം അങ്ങനെ അർത്ഥത്തെ സ്ഫുരിപ്പിക്കുന്നതിനുള്ള പൂർവാർജിതമായ സംസ്കാരം പരിപക്വമായാൽ മാത്രമേ ആ അർത്ഥം സ്ഫുരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ശബ്ദം ശബ്ദമായി തന്നെ വിലയിച്ചൂ എത്രയോ ശബ്ദങ്ങൾ ഉണ്ടായി അന്തരീക്ഷത്തിൽ വിലയിച്ചു ശബ്ദം ബാഹ്യമായി നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്നതും അർത്ഥം നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഫുരിക്കുന്നതുമാണ് അർത്ഥം ബാഹ്യമല്ല ശബ്ദം കേൾക്കുമ്പോൾ അർത്ഥബോധം ഉണ്ടാകുന്നു ബാഹ്യമാണോ അർത്ഥം ഒരിക്കലും അത് ശബ്ദം അങ്ങനെയല്ല പുറത്തുനിന്ന് ഉള്ളിലേക്ക് കടന്നു വരിക അർത്ഥം അങ്ങനെയല്ല ഉള്ളിൽ തന്നെ അത് പ്രകടമാകുകയാണ് അതിന് സഹായിക്കുന്ന ഒന്നാണ് ശബ്ദം ശബ്ദം ശ്രവിക്കുമ്പോൾ ഉള്ളിൽ അർത്ഥം സ്ഫുരിക്കണം അങ്ങനെ സ്ഫുരിച്ചാൽ അർത്ഥസ്ഫുരണത്തെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതാണ് ഉപനിഷത്തുകളിലെല്ലാം പറയുന്നത് എന്ന് കേട്ടുകഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം ഉണ്ടാകണമെന്ന് ഉണ്ടാകണം എന്നാണ് ധാരണം അങ്ങനെ ശ്രവിക്കുമ്പോൾ ഉള്ളിൽ അർത്ഥ ശ്രുതി സംഭവിക്കണം ശബ്ദത്തിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല അങ്ങനെയാണ് ഒരുവൻ മൃത്യുവിനെ അതിക്രമിക്കുന്നത് മൃത്യുവിനെ ജയിക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന അർത്ഥ ബോധത്തേന ഏകത്വ ദർശിത്വം ഏകത്വദർശി എന്ന വിളിക്കുന്നത് അതിനെയാണ് അതിനുള്ളിലുണ്ടാകുന്നതാണ് പുറമേ സംഭവിക്കുന്നതല്ല ശബ്ദം പുറമേ സംഭവിക്കുന്നത് അന്ധകരണം അതിന് പക്വുമായില്ല സംസ്കാരം ഉള്ളിൽ ദൃഢമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ശബ്ദം വ്യർത്ഥമായി പോകും അതാണ് ഒരു ജീവൻ സംഭവിക്കുന്നത് ഉപദേശം ഫലപ്രദമല്ലാതെ വരുന്നു ഉള്ളിൽ അർത്ഥസ്ഫുരണം ഉണ്ടാകുന്നില്ല ആ നമുക്ക് ലൗകികമായ ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമ്മുടെ മനസ്സിൽ ബോധമുണ്ടാകുന്നു പശുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു അർത്ഥസ്ഫുരണ ഉള്ളിലുണ്ടാവും പക്ഷെ പശു എന്ന് പറയുന്ന വാക്ക് ആ ഭാഷ അറിയാത്ത ഒരാളുടെ മുമ്പിൽ പോയി അത് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ശ്രവിക്കും പക്ഷെ അർത്ഥ ിൽ പശു എന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ആ ശബ്ദത്തിൽ നിന്നും അത്തരമൊരു അർത്ഥ സ്ഫൂർത്തിയെ ഉണ്ടാക്കുന്നതിനുള്ള സംസ്കാരം ആ വ്യക്തിയുടെ ഉള്ളിലില്ലാത്തതുകൊണ്ട് ആ ശബ്ദത്തെയും അർത്ഥത്തെയും ബന്ധിപ്പിക്കുന്ന മറ്റൊന്ന് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് അതൊരുവന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ പശു എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നാലുകാലുള്ള ആ ജീവിയെക്കുറിച്ചുള്ള ബോധം സ്ഫുരിക്കത്ത അതിന് ഒരു സംസ്കാരമാണ് അത് ഈ ജന്മത്തിൽ പരിചയിച്ചതോ അല്ലെങ്കിൽ പൂർവ്വ ജന്മങ്ങളിൽ നിന്ന് ആർജിച്ചതോ ആവാം ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം ജന്മം അനന്തമായതുകൊണ്ട് സൃഷ്ടി അനാദിയായതുകൊണ്ട് ഈശ്വര സൃഷ്ടങ്ങളായിരിക്കുന്ന സർവവും അനാദിയായിരിക്കുന്നത് കൊണ്ട് ഈ ശ്രൗത സംസ്കാരം സർവജീവന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം ആ ജാഗ്രത ഉണ്ടാകുന്നത് ശ്രൗതമായ ശ്രുതിയുടെ ആന്തരികമായ സംസ്കാരത്തിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം വരും കേവല ബാഹ്യ നിമിത്തങ്ങൾ മാത്രമാണ് സഹജമായി തന്നെ സംഭവിക്കുന്നതാണ് കാരണം ഇത് അനാദി എന്നാണ് വേദം തന്നെ പറയുന്നത് ഈ പ്രക്രിയകളെല്ലാം അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വേദം അനാദിയായി ജീവന്റെ ഉള്ളിലുണ്ട് വേദ സംസ്കാരമുണ്ട് ഉപദേശങ്ങളുണ്ട് ചർവുമുണ്ട് പക്ഷെ അതിന്റെ പരിപക്വമായ അവസ്ഥ നിമിത്തങ്ങളുടെ അനുകൂലത ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ ഒരു വിത്ത് അനുകൂല സാഹചര്യങ്ങൾ മുളച്ചു വരുന്നത് അതുപോലെ ഈ ശബ്ദ ഈ ശ്രുതി ഉള്ളിൽ അർത്ഥ സ്ഫൂർത്തി അതാണ് സാക്ഷാത്കാരം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മനസ്സേവ ഇതം ആർത്തവ്യം മനസ്സുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ സ്വാനുഭവത്തിലൂടെ തന്നെ ഇത് മനസ്സിലാക്കണം നാനാത്വം ഇവിടെ ഇല്ല മറിച്ചാണെങ്കിൽ വെടുത്തുവിൽ നിന്നും വെർത്തുവിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു പക്വതയാണ് അവിടെ മുഖ്യമായിട്ടുള്ള വിഷയം അതുകൊണ്ട് സാക്ഷാത്കാര സംഭവിക്കുന്നു അല്ലെങ്കിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രതിക്ഷണം ജീവനിൽ സാക്ഷാത്കാരവും പ്രതിക്ഷണം മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിക്ഷണം ജീവൻ സംസാരത്തിലാണ് പ്രതിക്ഷണം ജീവൻ മുക്തി ഇതാണ് പരമാർത്ഥ സത്യമായി ശ്രുതി പറയുന്നത് അതിന് ഗ്രഹിക്കുന്നതിന് പല ഉപായങ്ങൾ പറയുന്നു ഉപായങ്ങൾ അജീവന്റെ വാസന വൈത്രമനുസരിച്ച് പലതായിരിക്കുന്നു ഒരു ഉപായമാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് പന്ത്രണ്ടാമത്തെ മന്ത്രത്തിൽ അങ്കുഷ്ടമാത്ര പുരുഷ മധ്യ ആത്മനിഷ്ഠ അങ്ങനെ ആ പുരുഷനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക അങ്കുഷ്ടമാത്രനായി ഹൃദയ മധ്യത്തിൽ തേജോമയനായിരിക്കുന്നതാണ് ആത്മാവ് ഉപാസനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപായം മാത്രമാണ് അല്ലാതെ ആത്മാവിന് വിരുവിരലിന്റെ വലുപ്പമുണ്ടെന്നും അത് ശരീരത്തിന്റെ മധ്യത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്തിലിരിക്കുന്നു എന്നുള്ള വാസ്തവത്തിലുള്ള അർത്ഥം ഇതിനില്ല കേവലം ഭാവനയ്ക്ക് വേണ്ടി മാത്രം ഉപദേശിക്കുകയാണ് ആത്മാവിന് പ്രത്യേകിച്ച് ഒരു സ്ഥാനമില്ല മറിച്ച് എല്ലാ സ്ഥാനങ്ങളും ആത്മാവിലാണ് സ്ത്രീ അങ്ങനെയുള്ള ആത്മാവിന് ഒരു ഇരിപ്പടം കൽപ്പിച്ചാൽ ആത്മാവ് പരിച്ഛന്നമായിപ്പോകും അതും മറ്റ് ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്ന വസ്തുക്കളെപ്പോലെ തുച്ഛമായി അതുകൊണ്ട് ആത്മാവിന് പ്രത്യേകിച്ച് ഒരു സ്ഥാനമില്ല ഹൃദയത്തിന്റെ മധ്യത്തിലെന്നോ ശരീരത്തിന്റെ മധ്യത്തിലെന്നോ ശിരസിലെന്നോ മൂർധാവിലൊന്നോ സഹസ്രാരത്തിലോ ഇതെല്ലാം കൽപ്പനമാണ് എന്തുകൊണ്ട് സർവ ആസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സ്ഥലമാണ് ആത്മാവ് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം അങ്ങോട്ട് അതിനെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളാൻ മനസ്സിന് കഴിയുന്നില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യുക ശ്രുതി പറയുകയാണ് മധ്യാത്മനിക്ക് സ്റ്റുതി ഹൃദയത്തിൽ അത് ഒരു തേജോമയനായി അങ്കുഷ്ടമാത്രനായി ഒരു ദീപശിത പോലെ അത് ജലിക്കുന്നതായി ഭാവന ആ ഭാവന അതിലേക്ക് അടുപ്പിക്കും അതിനുവേണ്ടി പറയുന്നു അവന്റെ സാംസാരികമായ എല്ലാ ബന്ധനങ്ങളെയും അത് അവസാനിപ്പിക്കും ആ ഭാവന അതാണ് വിജുഗുപ്സത ഭേദദൃഷ്ടിയൊണ്ട് ഉണ്ടാകുന്ന എല്ലാ സാംസാരിക വികാരങ്ങളും അവനിൽ നിന്ന് അപ്രത്യക്ഷമാണ് അതാണ് വിജുഗുപ്സ ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് അത് ഉപാസനക്ക് വേണ്ടി പറയുന്ന ആത്മാവിന് പ്രത്യേകിച്ച് ഒരു വലിപ്പത്തെ നിർദ്ദേശിക്കുന്നത് അല്ല അതുകൊണ്ട് ഇവിടെ തുടർന്ന് വരുന്ന മന്ത്രങ്ങളിലെല്ലാം പറയുന്ന എന്താണ് ഏകത്വ ദർശിയായിരിക്കുക മനസ്സുകൊണ്ട് ഏകത്വ ഭാവന ചെയ്യുക ഏകത്വ ഭാവനയിൽ നാനാത്വത്തെ കണ്ടുകൊണ്ടിരിക്കുക നാനാത്വത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഏകത്വ ഭാവന ശീലിക്കാൻ ശ്രമിക്കുക അതാണ് ശ്രുതി കൊടുക്കുന്ന ഉപദേശം അതുകൊണ്ട് അവസാനത്തെ മന്ത്രത്തിൽ പറയുന്നത് യഥോധകം ശുദ്ധീശുദ്ധം ആസിക്തം താതൃകം ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാദ് കുരുതി വേറൊരു ഭാഷയിൽ പറയുന്നതാണ് ഇതെല്ലാം ഒന്നാണ് ഭാഷകളിൽ വലിയ അന്തരമുണ്ട് ആശയത്തിൽ ഒരു വ്യത്യാസമില്ല അവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒക്കെ ഒന്നാണ് രണ്ടും പറഞ്ഞിരിക്കുന്ന ഭാഷ യാതൊരു പൊരുത്തവും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് ആത്മപ്രകാശത്തിൽ അന്ധകാരത്തിന് നിലനിൽക്കാൻ കഴിയുന്നില്ല ആത്മാവിന്റെ പരമമായ വിശുദ്ധിയിൽ യാതൊരു മാലിന്യങ്ങളും നിലനിൽക്കുന്നില്ല ശുദ്ധിയിൽ ശുദ്ധി കലരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശുദ്ധിയല്ലാതെ മറ്റൊന്നുമില്ല ജ്ഞാനി ബന്ധനസ്ഥനാകുമോ ജ്ഞാനിയെ വീണ്ടും മായ പിടികൂടുമോ ഞാൻക്ക് വീണ്ടും അജ്ഞാനം ഉണ്ടാകുമോ അത് സംഭവിക്കുന്നില്ല കാരണം ശുദ്ധിയിൽ അശുദ്ധി സംഭവിക്കുന്നില്ല ഒരിക്കലും സംഭവിച്ചിട്ടേ അതുകൊണ്ട് ഇനി സംഭവിക്കുന്നില്ല അതാണ് അതിന് സമാനം പറയുന്നത് ജ്ഞാനി വി വീണ്ടും അജ്ഞാനിയാകുമോ ഞാനീ സംബന്ധിച്ചിടത്തോളം അജ്ഞാനിയായിരുന്ന ഒരു ചരിത്രം ഇല്ല ഞാനി അജ്ഞാനി ഞാനി ആകുന്നില്ല അങ്ങനെ അജ്ഞാനി ഞാനിയായെങ്കിൽ വീണ്ടും അജ്ഞാനിയാകാം അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അലുപ്ത സ്വഭാവ പോയം ശ്രുതി പറയും അലുപ്ത സ്വഭാവത്തോടു കൂടിയവരാണ് അതിന്റെ സ്വഭാവത്തിനൊരു ലോകം ഒരിക്കലും സംഭവിച്ചിട്ടേ ഇല്ല അപ്പൊ അജ്ഞാനി പിന്നീട് ജ്ഞാനിയായി എന്ന് പറയുന്നിടത്താണ് ചോദ്യം വരുന്നത് വീണ്ടും അജ്ഞാനിയാകുമോ എന്ന് പരമാർത്ഥം അതല്ല അത് അലുത്ത സ്വഭാവന അതിന്റെ സ്വഭാവത്തിനൊരു ലോകം അജ്ഞാനം ബന്ധനം അത് പിന്നീട് രണ്ടാമത് അതിനുള്ളൊരു സാധ്യതയില്ല പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിനവിടെ അവകാശമുണ്ട് അതന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ് വളരെ സൂക്ഷ്മമായിട്ട് അങ്ങനെ ഒരു സംശയം വേണം പരിശ്രമിച്ച് അവസാനം ജ്ഞാനിയായിത്തീരുന്നു അത്തരം ചോദ്യങ്ങളൊക്കെ എന്തുകൊണ്ട് വരുന്നു ജ്ഞാനിയെ സംബന്ധിച്ചും ജ്ഞാനത്തെ സംബന്ധിച്ചും ബന്ധത്തെ സംബന്ധിച്ചും മോക്ഷത്തെ സംബന്ധിച്ചുമുള്ള നമ്മുടെ ധാരണകൾ അപൂർണങ്ങളാകുന്നതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് അപൂർണമായ അപരിപക്വമായ അറിവിലാണ് എല്ലാ ചോദ്യങ്ങളും നിലനിൽക്കുന്നത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ നമ്മൾ ഉടൻ നമ്മൾ പ്രഥമമായി ഗ്രഹിക്കേണ്ടത് ആ വിഷയത്തിൽ ഉള്ള എന്റെ അറിവ് വളരെ അപൂർണമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് പക്ഷെ നമ്മളൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ പുറമെ ചോദിച്ചാലും നമ്മുടെ ഉള്ളിൽ ചോദിച്ചാലും നമ്മൾ ധരിക്കുന്നത് ആ വിഷയത്തെ നമുക്ക് അറിവുള്ളത് ചോദിക്കുന്നതെന്നാണ് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നു എന്നാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല ഒരു വിഷയത്തെ അറിഞ്ഞോ അതിന്റെ ഒന്നാമത്തെ ലക്ഷണം അറിവിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അവിടെ ചോദ്യം ഉദി ഉയരാതിരിക്കുക എന്നുള്ളതാണ് അറിവിന്റെ ലക്ഷണം ചോദ്യം അറിവിന്റെ അടയാളമല്ല അജ്ഞതയുടെ അടയാളമല്ല ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം എന്താ ചോദ്യം ചോദിക്കരുത് എന്നല്ല പറയുന്നതിന്റെ അർത്ഥം ഞാനതിനെ വിശദീകരിക്കുകയാണ് ചോദ്യം എങ്ങനെ വരുന്നു അറിവ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വലിയ വലിയ വിഷയങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് പരമാത്മാവ് സാക്ഷാത്കാരം പിടിച്ചാൽ പിടികിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഉന്നയിക്കാൻ കഴിയുന്നു ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ ബാലിസമായതുകൊണ്ട് മാത്രം അല്ലാതെ എന്തെങ്കിലും അറിഞ്ഞതുകൊണ്ടല്ല പക്ഷെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളറിയാതെ തന്നെ വരുന്ന ഭാവം എന്താണ് ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നൊരു ഭാവം നമ്മുടെ മനസ്സിൽ വരും അല്ല അറിവിൽ ചോദ്യമേ ഇല്ല അറിവിന്റെ ആ തികവിൽ എന്ന് പറയുന്നത് ചോദ്യത്തിന്റെ അവസാനമാണ് ഉള്ളിൽ ചോദ്യ ചിഹ്നങ്ങൾ ഉയരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഉണ്ടാകുകൊണ്ട് ഒരാളത് മറ്റൊരാളുടെ അടുത്ത് ചോദിക്കുന്നിടത്തല്ല ചോദിക്കുകയും ചോദിക്കാതിരിക്കുക ചെയ്യാം പക്ഷെ ചോദ്യങ്ങൾ ഉള്ളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് തന്നെയാണ് നമ്മുടെ സാക്ഷാത്കാരത്തിന് തടസ്സമായിരിക്കുന്നത് ഈ ചോദ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെ പലതരത്തിൽ വിശദീകരിച്ച് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഒരു അറുതി വരാൻ ശ്രമിക്കുകയാണ് ചോദ്യങ്ങൾ പാടില്ലെന്നുള്ളതല്ല ഇതെല്ലാം ഗുരു ശിഷ്യ സംവാദത്തിലൂടെയാണ് ഇതിനെ വെളിപ്പെടുത്തുന്നത് സർവത്രം പക്ഷെ അവിടെയെല്ലാം ചോദ്യ ഭർത്താവിന്റെ മനസ്സിൽ ഒരു വ്യക്തമായ ധാരണ ഇപ്പോഴും ഉണ്ടായിരിക്കണം ഈ ചോദ്യങ്ങളെല്ലാം അറിവിൽ നിന്നല്ല അറിവില്ലായ്മയിൽ നിന്നാണ് അങ്ങനെ ബോധം വേണം അറിവിൽ ചോദ്യമേ ഇല്ല ഉത്തരവുമില്ല അതാണ് നമ്മള് വേറൊരു എടുത്ത് പഠിച്ചത് ചോദ്യം വ പരിഹാരവും വരിയത രാജാര്യൻ പറഞ്ഞത് ദ്വൈത ഭാഷയത്തിന്റെ ഭാഷയാണെന്ന് വെച്ചാൽ അജ്ഞാനത്തിന്റെ ഭാഷയാണ് ചോദ്യം ദ്വൈതമെന്ന് പറഞ്ഞാൽ ജ്ഞാനം ദ്വൈത ഭാഷയെന്ന് വെച്ചാൽ അജ്ഞാനത്തിന്റെ ഭാഷ ജ്ഞാനത്തിന്റെ ഭാഷയല്ല അതുകൊണ്ടത് വ്യക്തമായി ധരിക്കാൻ വേണ്ടി ശ്രുതി ഇവിടെ പറയുകയാണ് ശുദ്ധത്തിൽ ശുദ്ധിയിൽ ശുദ്ധിചേരുന്നതാണ് അശുദ്ധത്തെ ശുദ്ധമാക്കുന്നതല്ല ഇത് കാരണം അശുദ്ധി അവിടെ ഇല്ല അശുദ്ധിയുണ്ടെങ്കിലേ അതിനെ ശുദ്ധമാക്കാൻ പറ്റും അപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം ശുദ്ധത്തെ ശുദ്ധമാക്കാൻ ശ്രമിക്കുന്നതാണ് അത് ശുദ്ധം തന്നെ എന്ന് ബോധ്യപ്പെടുമ്പോ അത് സാക്ഷാത്കാരമായി ഏവം മുനേർ വിജാനകാത്മാ ഭഗതിഗോതമാണ് അവസാനം അവിടെ യമദേവൻ ഉപദേശിച്ച് നിർത്തുന്നതാണ് ഈ പറഞ്ഞത് അതിന്റെ പൂർണ്ണതയാണ് അതിന്റെ തനിമയിൽ ഗ്രഹിക്കുമ്പോൾ മാത്രമേ അവന് പരമാത്മാവും ആത്മാവും മോക്ഷവും എല്ലാ അതുവരെ അവൻ ഇരുട്ടിൽ തപ്പി തടയുകയാണ് അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞ് ഉപദേശോടെ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങളിൽ മറ്റു ചില കാര്യങ്ങളോട് എനിക്ക് ഈ ചർച്ച തുടരാൻ കഴിയത്തില്ല അടുത്ത വ്യാഴാഴ്ച വരെ ഓ ശാന്തി ശാന്തി ശാന്തി